തീർച്ചയായും ഈ അപവാദം പ്രചരിപ്പിച്ചത് നിങ്ങളിൽപ്പെട്ട ഒരു സംഘമാണ് അത് നിങ്ങൾക്ക് ദോഷമായി കരുതരുത് മറിച്ച് അത് നിങ്ങൾക്ക് ഗുണകരമാണ് അവരിൽ ഓരോരുത്തരും സമ്പാദിച്ച പാപത്തിന് അവർ ശിക്ഷിക്കപ്പെടും എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചവന് വലിയ ശിക്ഷയുണ്ട്